പറഞ്ഞു വന്ന ലിവറിൽ വരുന്ന ക്യാൻസർ സ്പ്ലീനിൽ വരുന്നത് ഉദരത്തിന്റെ പട്ടികയിൽ ആവാൻ പരാജയങ്ങൾ പെടുത്തിരിക്കുന്നത് എല്ലാ ഉദരങ്ങളും ക്യാൻസർ അല്ല ക്യാൻസർ രോഗം ഉദരത്തിന്റെ പട്ടികയിലാണ് അങ്ങനെയാണ് ചെലവ് പെടുത്തിരിക്കുന്നത് കണ്ട വരുന്ന അർബുദം തൈറോയിഡ് ക്യാൻസർ കുലോമ വിഭാഗങ്ങളിൽ വരുന്ന ക്യാൻസറുകൾ ശരീരത്തിൽ എവിടെയെങ്കിലും യഷ്മ സംബന്ധികളായ അണുക്കൾ വരുകയാൽ അത് കണ്ടത്തെ ബാധിക്കുകയും അപചി എന്ന ആയുർവേദം പറയുന്ന മുഴകൾ ഉണ്ടാവുകയും ചെയ്യും ആ വക ക്യാൻസറൊക്കെ അപചി വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് ശ്വാസകോശത്തെയും മറ്റും ബാധിക്കുമ്പോൾ രാജയഷ്മ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് രാജേഷ്മാവ് മഹാരോഗങ്ങളിൽ പെട്ട അപച്ചി മഹാരോഗത്തിന്റെ പട്ടികയിൽ ഇല്ല അപച്ചിയിലൊക്കെ വളരെ ഫലപ്രദങ്ങളായ ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് രാജേഷ്മാവിനുമുണ്ട് മസ്തിഷ്കത്തിൽ വരുന്ന അത്ഭുതത്തെ മസ്തിഷ്ക ചയം മസ്തിഷ്ക ദ്രവം തുടങ്ങിയ പട്ടികകളില്ല അവിടുത്തെ അവയെ നിസാര രോഗങ്ങളുടെ കൂട്ടത്തിലാണ് ആയുർവേദം പെടുത്തിരിക്കുക ആധുനികർ മസ്തിഷ്കത്തിൽ വന്നു കഴിഞ്ഞാൽ ആസ്ട്രോസൈറ്റോമയും ഗ്ലയോമയും മിക്സഡ് ഗ്ലയോമയും ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടമായി എന്നാണ് വിചാരിക്കുന്നത് മനസ്സിലായില്ല കൺസെപ്റ്റിൽ ഊർധ മൂലം അഖശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന സങ്കല്പത്തിൽ മൂലം തലയാണ് സാധാരണ ഔഷധപ്രയോഗത്തിലെ വെറും കറുത്ത മുട്ടനാടിന്റെ തലസൂപ്പ് കൊണ്ട് മാത്രം മാറുന്ന വിഭാഗത്തിലാണ് ആസ്ട്രോസൈറ്റോമയും ഗ്ലയോമയും മിക്സഡ് ഗ്ലയോമയും ഒക്കെ പെടുന്നത് ഒരുപാട് പരിതൊന്നും വേണ്ട ഒരു മൂന്ന് ദിവസം മുഴുവൻ കറുത്ത ഒരു മുട്ടനാടിന്റെ തല കൊണ്ടുവന്ന് സൂപ്പുണ്ടാക്കി മൂന്ന് ദിവസം കൃത്യമായ മധ്യത്തോടെ തറയിൽ കാലി ചവിട്ടാതെ കട്ടിൽ നിറങ്ങാതെ ദേഹത്ത് വെള്ളം വീഴാതെ ചൂടുവെള്ളം മാത്രം ശൗചാതികൾക്ക് ഉപയോഗിച്ച് കുളിക്കാതെ എണ്ണ തേക്കാതെ മൂന്ന് ദിവസം കഴിക്കുകയും ഒരു മൂന്ന് ദിവസം കൂടി പദ്യവരിക്കുകയും ആ സമയത്ത് പൊടിയേരി വറുത്ത് കഞ്ഞിവെച്ചതും അല്പം ഇഞ്ചി ചമ്മന്തി മാത്രം ഹിന്ദുക്കു ചേർത്ത് മാത്രം കഴിക്കുകയും ചെയ്താൽ മസ്തിഷ്കത്തിലെ ഈ അത്ഭുതങ്ങൾ മാറും എന്ന അതിനിസ്സാരമായാണ് പ്രാചീന ഗ്രന്ഥങ്ങൾ പറയും നൂറ് ശതമാനം ഫലമുള്ളതാണ് ഇന്ന് പരീക്ഷിച്ചാലും ശങ്കയൊന്നും വേണ്ട നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പ അല്ല പിന്നെ ആരുടെയെങ്കിലുമൊക്കെ മാറിയിട്ട് ഇന്ന് കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൽ നിന്നല്ലേ മാറുന്നത് ആധുനിക വൈദ്യന്മാർ ഉൾപ്പെടെ പറയും ഇറ്റ്സ് ഈ ലോകത്തില് വളരെ അപകടം പിടിച്ചൊരു പദമാണ് മിറക്കൽ നമുക്കറിയാൻ വേലാത്തതെല്ലാം പെടുന്ന പെടുത്താവുന്ന എല്ലാത്തിനെയും കൊണ്ടുപോകാവുന്ന അവസാനം ശാസ്ത്രത്തിന് അതീതമാണെന്ന് പറഞ്ഞ് തള്ളാവുന്ന അത് വ്യക്തിയിൽ മാത്രം സംക്ഷോഭിപ്പിച്ച് നിർത്താവുന്ന മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ പര്യാപ്തമായ ലോക തടയുന്ന വളരെ അപകടം പിടിച്ച ഒരു ആങ്കലേയ പദമാണ് മിറക്കൽ നികണ്ടുവിൽ ആ പദം എടുത്ത് കളയാത്തിടത്തോളം കാലം ലോകം വളരെ അപകടത്തിൽ പോകാവുന്നതാണ് എടോ ഇതൊരു മിറക്കിലാടും എന്ന് പറഞ്ഞ് എന്നാൽ അത് കാണുമ്പോൾ അടുത്തുരുത്തന് മൃഗക്കളാണോ എന്നറിയാൻ അവനവനെടുത്ത് കൊടുത്തു നോക്കിയാൽ മതി അവിടെ പ്ലേറ്റോയെ പോലെ അന്ധവിശ്വാസിയാണ് ശാസ്ത്രജ്ഞ ലോക പ്രശസ്തനാണ് പ്ലേറ്റോ പക്ഷെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാൾ പല്ലിൻ്റെ എണ്ണം കുറവാണെന്ന് അയാൾ എന്നും വിശ്വസിച്ചിരുന്നു ഭാര്യയുടെ പല്ലും നടി നോക്കാനുള്ള ക്ഷമയുണ്ടായാൽ മതിയായിരുന്നു വരും മസ്തിഷ്ക ജയവും മസ്തിഷ്കദ്രവം മുതലായവയിലാണ് അത്ഭുതം അവിടെപ്പെടുന്നത് പുരുഷഗ്രന്ഥിയിലും മറ്റും വരുന്ന അർബുദത്തെ വസ്തിരോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയാണ് ആയുർവേദം വേണ്ടുന്നത് കിഡ്നിയിൽ വരുന്നതും അങ്ങനെയാണ് വാതകുണ്ടലി രക്തകുണ്ടലി ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളിലൊക്കെ പെടുത്തി കുറേ രോഗങ്ങളുണ്ട് വീണ്ടും കണ്ടനാളത്തിലും വായിലുമൊക്കെ വരുന്നവരെ ഉർദ്ധ്വാക്യ രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയാണ് ആയുർവേദം ഗലകണ്ഠം അത്യർബുദം ഇങ്ങനെയുള്ള പട്ടികയിലൊക്കെ പെടുത്തിയാണ് അത് എണ്ണിപ്പോ ഇങ്ങനെ ആയുർവേദ ചികിത്സാരംഗത്ത് പല രംഗങ്ങളിലായി കിടക്കുന്നതാണ് ഈ രോഗം രാഷ്ട്രാംഗമായിരിക്കുന്ന ആയുർവേദ സത്തയിൽ അർബുദത്തെ അതിൻ്റെ തലങ്ങളിൽ പെടുത്തിയാണ് വിലഛേദിച്ച് വർണ്ണിച്ച് പോകുന്നത് എന്നിരുന്നാലും അർബുദത്തിന് ഒരു സന്നിധ നിദാനം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഏത് രോഗവും ആയുർവേദത്തിന്റെ തദ്ധയിൽ ദോഷവൈഷമ്യമാണ് അത് ആയുർവേദത്തിന്റെ തനത് ചിന്തയാണ് അതിലേക്ക് കടക്കുമ്പോ ഒരു രോഗത്തെ പഠിക്കാൻ പോകുമ്പോൾ ഇതുവരെ അറിഞ്ഞിടത്തോളം അറിവിനെ സ്വാംശീകരിച്ചു വേണം പഠിക്കാൻ അതിനാഗമം എന്ന് പറയും ചിലത് ചികിത്സാരംഗത്ത് പ്രയോജനപ്രദമല്ലായിരിക്കാം നിദാന രംഗത്ത് പ്രയോജനപ്രദമായിരിക്കാം ചിലത് പൂർവരൂപത്തിന്റെ പഠനത്തിന് പ്രയോജനപ്രദമായിരിക്കാം ചിലത് സമ്പ്രാപ്തി വിവരണത്തിലായിരിക്കാം പ്രയോജനപ്പെടുന്നത് അതുകൊണ്ട് ഗ്രന്ഥഗ്രന്ഥികളിലൂടെ പരമ്പരയാർജിച്ച അറിവിനെ ആഗമം എന്ന് പറയും ആ അറിവിനെ മുഴുവൻ അപഗ്രഹിച്ചിട്ടു വേണം ഒരു ശാസ്ത്രം പഠിക്കാൻ ആഗമാർത്ഥത്തെ നന്നായി മനസിലാക്കിയിട്ട് അതിനാഗമം മുഴുവൻ തലച്ചോറിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് ഈ പണ്ഡിത് സൂത്ര രൂപത്തിലോ പദ്യരൂപത്തിലോ ഒക്കെ പഠിപ്പിച്ചിരുന്നത് വ്യക്തി അവന്റെ തൊഴിലുകളുമായി ജീവിക്കുന്നതിനിടയിൽ ഒരാളെ കാണുമ്പോ രോഗിയെ കാണുമ്പോ ഒരു ഹെവൻ കമ്മിങ് മൊമെന്റിലാണ് ഇതിൻ്റെ രോഗമാണോന്ന് തോന്നുക തോന്നലിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എത്ര പഠിച്ചാലും ആ മുമ്പിൽ എത്തുന്ന ഒരു നിമിഷം തോന്നണം ആ തോന്നലോ ഇവനിൽ പെട്ടെന്നുണ്ടാകുന്നതാണ് അതിന്റെ കാര്യകാരണ പടലങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞുണ്ടാക്കുന്നതാണ് മനസ്സിലാവോ ലോകത്തിലുള്ള എല്ലാ അറിവിലും ഇത് ബാധക ഒരാളിനെ കാണുമ്പോ അയാൾക്ക് ഇന്ന രോഗമാണ് എന്ന് തോന്നുക തോന്നിക്കഴിഞ്ഞ് ആ തോന്നിയതിനെ സമർപ്പിക്കാനുള്ള തെളിവുകൾ തൻ്റെ പഠനങ്ങളുടെ ഓർമ്മയുടെ തീരങ്ങളിൽ നിന്ന് സംക്ഷേപിച്ചു കൊണ്ടുവരിക ഇങ്ങനെയാണ് ലോകത്തെ എല്ലാ അറിവും നീങ്ങുന്നത് അതുകൊണ്ട് എല്ലാ അറിവിലും അന്ധതയുണ്ട് കാരണം ആദ്യത്തെ തോന്നലിന് ശാസ്ത്രീയതയില്ല മനസ്സിലാവുക പരിശോധിച്ചിട്ടായാലും പരിശോധിക്കാതെയായാലും നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ വണ്ടി ഒരു ഡീസൽ എഞ്ചിൻ നോക്കുന്നവർ തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ഡീസൽ വണ്ടി കൊണ്ടുപോയി അവിടെ കൂട്ട് നിർത്തി കഴിഞ്ഞ് അവൻ വന്ന് കൊതുക്കി അതിന്റെ സ്റ്റീറിങ്ങും പിടിച്ചു വന്ന് തിരിച്ചു കഴിയുമ്പോൾ അവൻ ആ സമയത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇതിൻ്റെ ഇന്നടത്താണ് തകരാതെന്ന് ക്ലിക്ക് ചെയ്താൽ അത് അവന് തോന്നൽ മാത്രമാണ് മനസ്സിലായില്ല അവൻ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അതാണെന്ന് സമർപ്പിക്കാനുള്ള യുക്തികളെല്ലാം അവൻ ആ തോന്നലിനോട് ചേർത്തുണ്ടാക്കുകയാണ് മനസ്സിലായില്ല യുക്തിക്ക് ശേഷം അവൻ നിഗമനത്തിലെത്തുക അല്ല അങ്ങനെ ഒരിക്കലും എത്താൻ പറ്റുകയുമില്ല കാരണം ഒരു യുക്തിയിലൂടെ എത്താൻ ശ്രമിക്കുമ്പോൾ വേറൊരു യുക്തിയിലൂടെ അത് നടന്നു പോവും അതുകൊണ്ടാണ് പത്തു പേരിരുന്ന് ഒരാളെ നോക്കിയാൽ അവസാനം ഇവൻ മരിച്ചു കാരണം ഓരോരുത്തന്റെയും അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ പരിമിതമായ പാർശ്വിക വീക്ഷണങ്ങളുടെ ഫലം മാത്രമാണ് ലഭിക്കുന്നത് ചുരുക്കത്തിൽ ശാസ്ത്രം എന്നും അപഗ്രഥനം നടത്തുന്നത് അഞ്ചന്ധന്മാർ ആനയെ കണ്ടതുപോലെ തന്നെയാണ് ഒരുത്തൻ ചെവി നോക്കി നി ഗനത്തിലെത്തുന്നു വേറൊരുത്തൻ തുമ്പിക്കൈ നോക്കി നി ഗനത്തിലെത്തുന്നു വേറൊരുത്തൻ നോക്കി നി ശരിയല്ല അതേക്കാൾ അപകടകരമാണ് ഒന്ന് എന്റെ മസ്തിഷ്കം ണുന്നൊരു മൊമന്റിൽ എത്തിച്ചേരുന്ന നിഗമനങ്ങളെ കാണാവുന്ന സാധ്യതകളുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെച്ച് അത്രയും സാധ്യത മാത്രമേ ലോകത്തുള്ളൂ എന്ന് തീരുമാനിച്ച് ആ അതിൻ്റെ അടുത്ത സാധ്യതയെ മാത്രം ഒരു കമ്പ്യൂട്ടർ തരുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രിന്റ് ഔട്ട് മനസ്സിലായില്ല ഈ കാണുന്നവന്റെ കാണുന്ന മൊമന്റിലെ കോമൺ സെൻസ് സോഫ്റ്റ്വെയറിൽ ചേർത്ത് വെച്ചിട്ടില്ല ആ സെലക്ഷൻ ആണെങ്കിൽ സങ്കല്പമാണ് സങ്കല്പത്തിനാണ് പിന്നെ ഉപകരണം സങ്കല്പത്തിനാണ് പിന്നെ യുക്തികൾ സങ്കല്പത്തിനാണ് ലോകാരംഭം മുതൽ ഇന്നു ശാസ്ത്രം ശാസ്ത്രീയമായി സഞ്ചരിക്കുന്നത് ആദ്യത്തെ അന്ധവിശ്വാസത്തിന്റെ അടിത്തറയിൽ ഉറച്ചു അതല്ല എന്ന് മറ്റുള്ളവനെ കച്ചവട സാധ്യതയിൽ കഴിപ്പിച്ച മാനേജ്മെന്റ് തിയറിയിലാണ് ആ പേര് നൂറ് ശതമാനവും എനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞങ്ങ് സമാധാനിപ്പിക്കാം പക്ഷേ അപ്പോഴത് അന്ധവിശ്വാസത്തിന് പുറത്തേക്കായിട്ടില്ലല്ലോ പേരൊന്ന് മാറ്റുകല്ലേ സങ്കൽപ്പം വിശ്വാസം എന്നതിന് കുറച്ചുകൂടെ കടുപ്പിച്ചൊരു ഇൻട്യൂഷൻ ഇടുമ്പോ അതും ഒരു ട്യൂഷൻ മാത്രമല്ലേ വെദർ ഇറ്റ് ഇസ് ഇൻട്ട് ചോദ്യം മനസ്സിലായില്ല നിങ്ങൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വരുന്നതുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എക്സ്പീരിയൻസ് എന്ന പദം കൊണ്ട് നിങ്ങൾ സങ്കൽപ്പനത്തെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ ശാസ്ത്രീയമാക്കുന്നു നിങ്ങൾ യുക്തിയിൽ നിന്നും നിഗമനത്തിലെത്തുന്ന നിമിഷങ്ങൾ ഇല്ല നിഗമനങ്ങളിൽ നിന്ന് യുക്തിയെ അടിമയാക്കി നിങ്ങളുടെ നിഗമനങ്ങൾ സാർത്ഥകമാക്കുന്ന നിമിഷങ്ങളേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ആലോചിച്ച് നോക്കിട്ട് ശരിയാണെന്നാ നല്ലൊരു ഉറച്ചിട്ട് മാത്രം തല കുലിക്കാ മതി എനിക്ക് നിങ്ങളുടെ തലകുലിക്കൽ അത്യാവശ്യമില്ല നിങ്ങളെ തല കുലുക്കിപ്പിച്ചു എന്നുള്ള അഭിമാനമില്ല അതിന് കുറച്ച് വെള്ളം ചെവി കുറഞ്ഞാലും മതി അങ്ങനെയാണല്ലോ മറ്റതിനെ കൊണ്ട് കുലുക്കി കൊല്ലുന്നത് മനസ്സിലായില്ലേ അതിനുള്ള അല്പം വെള്ളം ചെവിയിലോട്ട് കുടയുമ്പോ ഇവൻ കുലിക്കു അപ്പം സമ്മതിച്ചു എന്ന് പറഞ്ഞ് വെട്ടുകയും ചെയ്യാം അങ്ങനെ നിങ്ങളെ കുലുക്കി വെട്ടിപ്പിക്കണം മനസ്സിലായില്ലേ ചിലർക്ക് ഈ പശുവിനോടും പൂത്തിനോടും ഒക്കെ അനുമതി ജീവിക്കണം അതിനെ കൊല്ലുന്നതിന് മുമ്പ് അല്ലാതെ കൊന്നാൽ അത് പാപമാണ് അതിനൊരു മന്ത്രം ചൊല്ലി അതിൻ്റെ ചെവിയിൽ വെള്ളം ഒഴിക്കുമ്പോ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുലുകും അപ്പം വെട്ടിക്കോളാൻ സമ്മതിച്ചു അത്ര കുലിക്കാൻ ഒന്നുമില്ല കുലുങ്ങിട്ട് എന്ത് കാര്യം അപ്പൊ ഈ ശാസ്ത്രത്തിലേക്ക് കിടക്കുമ്പോ പ്രാചീനർ പോയ പാത ആധുനികർ പോയ പാതയിൽ നിന്ന് വളരെ ദൂരെയാണ് അതിൻ്റെ ചരിത്രവും അതിൻ്റെ സാപേക്ഷ്യവും അതിൻ്റെ പദ്ധതികളും ഒരു രസത്തിന് വേണ്ടിയെങ്കിലും പഠിക്കുന്നത് നല്ലതാണ് അത്രയും പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതിനൊരു താരതമ്യ പഠനവും ആകാം പറ്റുന്നില്ലത്തോളം എനിക്കത് ഇഷ്ടവുമാണ് അപ്പോ ആഗമാർത്ഥത്തെ അറിഞ്ഞ് ആഗമങ്ങളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന റിവുകളെ മനസ്സിലാക്കി രോഗിയെയും രോഗത്തെയും പരിശോധിക്കുന്ന രീതിയെ പ്രത്യക്ഷം എന്ന് പറയും ആഗമം പ്രത്യക്ഷം ആഗമവും പ്രത്യക്ഷവും ചേർത്ത് എത്തിച്ചേരുന്ന തീരുമാനത്തെ നിഗമനം അല്ലെങ്കിൽ അനുമാനം എന്ന് പറയും ഇതാണ് പ്രാചീന സ്വീകരിച്ച മാർഗം എത്ര ആഗമം മുഴുവൻ തലയിലുണ്ട് എത്ര പ്രത്യക്ഷത്തിൽ ഏകാഗ്രമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പിന്താണ്ടത്തെ ശരീരത്തെ അതിന്റെ മനസ്സിനെ അതിൻ്റെ വികാരങ്ങളെ അതിൻ്റെ വൃത്തികളെ മുഴുവൻ കാണാം തുമ്മിക്കൊണ്ടാണ് വരുന്നത് തുമ്മലാ ആഗമം മുഴുവൻ അറിയുമെങ്കില് തുമ്മലിന് ഒരു ചെറിയ ദുരുമ മതി അപ്പോഴാണ് പിടിച്ചോ മൂക്കോ പൊളിച്ചൊക്കെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് ആനവാല് പോലെയാണ് ഒരെണ്ണം മാത്രം കയറി വന്നിരിക്കുന്നത് മീൻസിലായിട്ട് ഒരനവാലു പോലെ ഒരു രോഗം പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷൻ മണം കയറി കിടക്കാൻ പറഞ്ഞു മൈനർ അകത്താണ് ചെയ്യേണ്ടത് ഇത് വീണ്ടും വരും ഒരു കൊല്ലത്തിനകം വീണ്ടും വരും പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു ചെറിയ വേദനയെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കെട്ടിക്കടത്തി ചെറിയ കൊടിലകത്തോട്ടിട്ടു ആനവാൽ പോലുള്ളവനെ ഒറ്റപ്പറികളു എൻ്റെ കണ്ണി കൂടെ പൊന്നിച്ച് പറകും ഇപ്പൊ കൊള്ളാൻ പറഞ്ഞു വീണ്ടും തുമ്മൽ തുടങ്ങി അവിടെ ഒന്നായി കളാ പറയും അറിയില്ലെങ്കിലൊരു പത്ത് മരുന്ന് കൊടുത്തു അവിടുന്ന് അടുത്ത സ്ഥലത്ത് പോയി പത്ത് മരുന്നായി അവിടുന്ന് അടുത്ത സ്ഥലത്ത് പോയി പത്ത് മരുന്നായി ഞാൻ പത്ത് കൊല്ലമായിട്ട് ഇത് വെച്ചുകൊണ്ട് നടക്കുകയാണ് കാരണം ഇവൻ അവിടെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് അവൻ എപ്പോഴെങ്കിലും ഒന്ന് സൈഡിൽ മുട്ടും ചെറിയൊരു കാര്യത്തിൽ പോലും സൂക്ഷ്മേ ഇത് പഠിക്കുമ്പോഴും പ്രശ്നമാണ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഈ പ്രശ്നമുണ്ട് പഠിക്കാൻ പോകുമോ ഒന്ന് സൂക്ഷ്മ രണ്ട് അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കണം പണ്ടൊരു പ്രൊഫസർ അങ്ങനെ ഒരു കളി ഹോട്ടൽ വിറ്റുകള് മെഡിക്കൽ കോളേജ് വിറ്റുകള് പാടത്ത് പറയുന്ന വിറ്റുകള് നമ്പൂതിരി ഫലിതങ്ങള് ഇങ്ങനെ ഒരുപാട് ഫലിതമുണ്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല ഹോട്ടോറിക്ഷക്കാരുടെ ഫലിതങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഇങ്ങനെ ഒരു നിഖണ്ടും ഹാസ്യത്തിന്റെ ഒരു വലിയ നിഖണ്ടും ഉണ്ടാവും ഡോക്ടർമാരും വിദ്യാർത്ഥികളും ഒക്കെ തമ്മിൽ അപ്പൊ പുതിയ പതോളജിയുടെ പ്രൊഫസർ എത്തിയത് അഞ്ചു ലിറ്റർ രോഗിയുടെ മൂത്രവുമായിട്ടാണ് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു എൻ്റെ വിദ്യാർത്ഥികൾക്കെല്ലാം അനുഭവം വേണമെന്ന് എനിക്ക് നിർബന്ധമാണ് എൻ്റെ വിദ്യാർത്ഥികളൊക്കെ സൂക്ഷ്മതൃക്കുകളായിരിക്കണമെന്നും എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ വിരലിട്ട് മൂത്രം രുചിച്ചു എല്ലാവർക്കും അനുഭവം ഉണ്ടാവണം പത്രം എടുത്തു കൊടുത്തു പ്രമേഹ രോഗിയുടെ മൂത്രമാണ് പസലും ഒക്കെയുള്ള എല്ലാവരും വെരലിട്ടു അവസാനത്തെ ആ വിദ്യാർത്ഥി ആയപ്പോഴേക്ക് മൂത്രം തീർന്നു അഞ്ചിലിട്ടു പാത്രം കാലിയായി തിരിച്ചെത്തി പ്രൊഫസർ പറഞ്ഞു നിങ്ങൾ അനുഭവത്തിന് ശ്രമിച്ചു പക്ഷെ നിങ്ങൾ ആരും സൂക്ഷ്മ ദൃഖകളല്ല വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് നോക്കി എന്തായാലും പറയുന്നതെന്നറിയാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഈ വിരലാണ് ഇട്ടത് നക്കിയതീ വിരലാണ് ഇങ്ങനെ എന്ന് പറയുന്ന പോലെ ഓരോ കാര്യത്തിലും ചെറിയ കാര്യത്തിൽ പോലും സൂക്ഷ്മത വേണ്ട ഒരു രംഗമാണ് വൈദ്യശാസ്ത്രം അത്ര സൂക്ഷ്മമായൊരു മേഖലയാണ് ശരീരം മാത്രമല്ല അവിടെ പങ്കെടുക്കുന്നത് ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും മറ്റുള്ളവരുടെ വാക്കുകളും മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളും എല്ലാം ഒരുപോലെ പങ്കു വലിയൊരു ലോകമാണ് അതുകൊണ്ട് ആഗമാർത്ഥത്തെ നല്ലതുപോലെ അറിഞ്ഞ് പ്രത്യക്ഷത്തിൽ രോഗിയെയും രോഗത്തെയും നല്ലതുപോലെ വികച്ഛേദിച്ച് അനുമാനത്തിലെത്തേണ്ട ആഗമസാരവും പ്രത്യക്ഷവും ചേർന്ന് നിഗമനങ്ങളിലെത്തേണ്ട ഒന്നാണ് ഈ അനുമാനം ഇത് മൂന്നും ചേർത്താണ് പ്രാചീനതീശാസ്ത്രത്തെ കൊണ്ടുപോയി അപ്പൊ പ്രത്യക്ഷം അനുമാനം ആഗമം ആഗമങ്ങളിൽ നിന്ന് അറിഞ്ഞ് അതിന് കുറേ കാലം വേണം ചരകനും മറ്റും പറയും ഇത് പടുത്തൊക്കെ കഴിഞ്ഞ് കലാശാലയിൽ നിന്നിറങ്ങിയാൽ ആടുമേയ്ക്കുന്നവൻ്റെ അടുക്കൽ വരെ ചെല്ലനാ പറയുന്നത് കാരണം ഔഷധങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് വ്യവായികളായ രൂക്ഷങ്ങളായ നിരേചന പരങ്ങളായ വമനപരങ്ങളായ ഔഷധങ്ങളെ കുറിച്ചൊക്കെ അവൻ ഈ ആടിനെ മേയ്ക്കുന്നതിനിടയിൽ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് അവന്റെ ആട് ഒരു ദിവസം പിഴുക്കായിട്ടല്ല അതിന്റെ മലം പോയതെങ്കിൽ പിഴുക്കുകൾ ഒട്ടിച്ചേർന്ന രീതിയിലാണ് പോയതെങ്കിൽ അതൊഴിഞ്ഞാണ് പോയതെങ്കിൽ മനസിലായില്ല നിങ്ങൾ ആട്ടും കാട്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ചിലപ്പോ ഈ ആട്ടും കാട്ടും ആടിനെ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാവും പൂണിത്തുറയല്ലേ കണ്ടിട്ടുണ്ടാവും പ്ലേറ്റിനകത്ത് ആകെ ആടിനെ കുറിച്ച് അറിയുന്നത് പ്ലേറ്റിലായിരിക്കും അപ്പോ അതിനെ വളർത്തുമ്പോ അവൻ ഇത് കണ്ടിട്ടുണ്ട് അത് ഇന്ന ചെടി നിന്നിട്ടാണ് എന്ന് കൃത്യമായവൻ അറിയാം അപ്പൊ അവന്റെ അറിവ് വരെ ഉപയോഗിക്കാനാ ചടകൻ പറയുന്നു എത്ര വിസ്തൃതി അറിവിലുണ്ടായിരിക്കാം ചടകൻ പറഞ്ഞിട്ടുള്ളതാണ് പച്ചന്ന് കൊറേക്കാലം അവന്റെ കൂടാണോന്ന് അവന്റെ സേവ ചെയ്ത് പയ്യെ ഈ ചെടികളെ പറ്റി പഠിച്ചു വരാനാ പറയുന്നത് ഒട്ടേറെ ്രവ്യങ്ങളൊക്കെ ശേഖരിക്കുമ്പോ വളരെ പഠനമുണ്ട് പ്രാചീനം നിങ്ങൾ ഇന്ന് അങ്ങനെയൊന്നും വവനത്തിന് ഔഷധം കൊടുക്കുന്നൊന്നും തോന്നില്ല ബലവിപ്പലിയാണ് വവനത്തിന് കൊടുക്കുന്നത് മലങ്കാരക്ക മതന എന്റെ വിളവെടുക്കുന്ന സമയമുണ്ട് പഴുക്കുന്നതിന് മുമ്പ് മൂത്ത് കഴിഞ്ഞാൽ പറിച്ചു നല്ല പട്ടിയിലാക്കി ഈറുണ്ടോ അതുമല്ലെങ്കില് തഴ കൊണ്ടോ ഉണ്ടാക്കി അല്ലെ ഓല കൊണ്ടോ ഉണ്ടാക്കിയ വട്ടിക്ക് അകത്ത് വെച്ച് വട്ടി മുഴുവൻ ചാണകം കൊണ്ട് പൊതിഞ്ഞു വെച്ച് പഴുക്കുമ്പോൾ അടുത്തെങ്ങി നിൽക്കാൻ പോല മദന ഭാവം ഉണ്ടാക്കുന്ന മതിപ്പിക്കുന്ന ഒരു മണമാണ് അതിൻ്റെ പഴത്തിന് വളരെ ശക്തമായ പഴമുണ്ടെങ്കിൽ എല്ലായിടത്തും അറിയും മലങ്കരയ്ക്ക മദന അത് എടുത്ത് അതിൻ്റെ അരി എടുത്ത് തൈരില് തേനയില് നെയ്യിലൊക്കെ ഭാവന ചെയ്ത് ഉണങ്ങി സൂക്ഷിച്ച് അത് ഒരു രൂപ തൂക്കമൊക്കെ കൊടുത്താണ് പഞ്ചകർമ്മയില് ഛർദിപ്പിക്കുന്നതൊക്കെ അപ്പൊ ഇത്തരം ഔഷധങ്ങളെയൊക്കെ കണ്ടുവച്ച് അതിൻ്റെ ആഗമങ്ങളിൽ നിന്ന് അറിഞ്ഞ് അതിൻ്റെ പ്രയോഗം നല്ലതുപോലെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കി ഒക്കെ ചെയ്യേണ്ടതാണ് ഇല്ലാതെ ചെയ്താൽ അപകടങ്ങളിലേക്ക് അപ്പൊ ഇത് മുഴുവൻ ഒരാളിന്റെ തലയിൽ നിൽക്കണമെങ്കിൽ സമയത്തത് പ്രയോഗത്തിലേക്ക് വരണമെങ്കിൽ അതിനുള്ള ഒട്ടേറെ സാധനകളുടെ ലോകമുണ്ട് അങ്ങനെ ഏറെ അവർ അതും ചികിത്സാരംഗത്ത് പ്രകാരം പ്രധാനമാണ് സന്നിഗൃഷ്ടജ്ഞാനമെടുത്താൽ ഇനി സന്നിഗൃഷ്ടമായി പരിശോധിച്ചാൽ രോഗകാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ദോഷവൈഷമ്യമാണ് വാദവും പിത്തവും കപവുമാണ് അത് തന്നെയാണ് അർബുദത്തിനും കാരണം ദോഷങ്ങൾ വിഷമിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് അറിയണം അവർ ഹൃദ്രോഗത്തിൽ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രം കാലാർത്ഥ കാലം അർത്ഥം കർമ്മം കാലത്തിൻ്റെ മിഥ്യായോഗം സമയോഗം അതിയോഗം അതിമിഥ്യാ സമയോഗങ്ങൾ അതിമിഥ്യ സോറി സമയോഗം ആരോഗ്യമാണ് അതിമിഥ്യൂനയോഗങ്ങൾ കാലത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കർമ്മത്തിന്റെയും ഏതെങ്കിലും ഒരു അവയവത്തെ കൊണ്ടോ ശരീരത്തെ മുഴുവനായോ കർമ്മരംഗത്ത് അതിയായി പ്രയോഗിപ്പിക്കുമ്പോഴുണ്ടാകുന്ന രോഗങ്ങൾ ഒട്ടും പ്രവർത്തിപ്പിക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ വരുന്ന രോഗങ്ങൾ പതിയോഗം ന്യൂനയോഗം വേണ്ടാത്തിടത്ത് പ്രവർത്തിപ്പിച്ചാൽ വരുന്ന രോഗങ്ങൾ മിഥ്യായോഗം ഉഷ്ണകാലത്ത് അത്യുഷ്ണമായിരിക്കുമ്പോള് കാലത്തിന്റെ അത്യുഷ്ണത്തില് കാലത്തിന്റെ അതിശൈത്യത്തില് ഋതുവിന്റെ അതിഭാവത്തില് ന്യൂനഭാവത്തില് മിഥ്യാഭാവത്തില് ഇന്ന ഋതുവിൽ എന്നെ വരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെ അവൻ നോക്കാം ചിലർക്ക് അങ്ങനെ നിർബന്ധമുണ്ട് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടം അതിൻ്റെതാണെന്ന് തോന്നുന്നു സമൂല നാശത്തിന് പ്രകൃതി വിധേയമാക്കുന്ന കാലമായത് കൊണ്ട് പൊതുവെ ആളുകളുടെ മനസ്സ് അരുതാത്തവയിലേക്ക് ത്വരിച്ചു നിൽക്കുന്ന കാലമാണ് പ്രകൃതിയ പുരുഷനായി ജനിക്കുന്ന ഒരാൾ പുരുഷനല്ലാതായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് ശരിയല്ല പ്രകൃതി ആ സ്ത്രീയായി ജനിക്കുമ്പോൾ പ്രകൃതി സ്ത്രീയിലുണ്ടായിരിക്കുന്ന വൈകാരിക തലങ്ങൾ ഒന്നുമല്ലാത്ത മറ്റൊരു പ്രകൃതത്തിലേക്ക് പോകാൻ സ്ത്രീ ആഗ്രഹിക്കുന്ന കാലമാണ് നീ എന്താകുമോ അതാണ് നിന്റെ ആനന്ദം എന്നതിന് പകരം നീ എന്തല്ലാതിരിക്കുന്നുവോ അത് നേടുന്നതാണ് നേട്ടമെന്ന് വിചാരിക്കുന്ന കാലമാണ് ശരിയല്ല പുരുഷന് പ്രസവിക്കാൻ ആഗ്രഹം സ്ത്രീക്ക് പ്രസവിക്കാതിരിക്കാൻ ആഗ്രഹം അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെയാണ് നടക്കുന്നത് പുരുഷന്റെ ആകൃതിയും പ്രകൃതിയും സ്വഭാവവും പുരുഷൻ ചെയ്യുന്ന ജോലികളും ഒക്കെ സ്ത്രീ ആഗ്രഹിക്കുക സ്ത്രീകൾ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പുരുഷൻ ആഗ്രഹിക്കുക ശരിയല്ല എന്നിട്ട് അതൊക്കെയാണ് പുരോഗതിയും പരിഷ്കാരവും വന്ന് പ്രമത്തന്മാർ തെറ്റിദ്ധരിക്കുക മത്തനാണെങ്കിലും കുഴപ്പമില്ല പ്രമത്തന്മാർ തെറ്റിദ്ധരിക്കുക അപ്രമത്തതയെ ശാസ്ത്രം എന്ന് വിളിക്കുക ഇങ്ങനെ ഒരു കാലഘട്ടമായിരിക്കും നമുക്ക് തീരെ പിടിക്കുന്ന കാര്യമല്ല പറയുന്നത് ശരിയല്ല അതിനെ പറ്റി എഴുതാൻ കൊറേ മാധ്യമങ്ങൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പരിപാലിച്ചാലതിന്റെ പടം വരിക അത് കാരണം അവളുടെ ധർമ്മമാണ് വിധർമ്മം ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുക ശരിയല്ല ഒരു പുരുഷൻ പൊട്ടുമൊക്കെ തൊട്ട് സാരിയൊക്കെ എടുത്തു വന്നാൽ അത് വലിയൊരു ഇതായി ഒരു ചാന്ത് പൊട്ടായി തീരുക ശരിയല്ല ഇങ്ങനൊരു കാലഘട്ടം പ്രകൃതി അതിൻ്റെ ഒരു വിനാശത്തിന് തയ്യാറെടുക്കുന്ന കാലം വഷ്ടിയും സമഷ്ടിയും നാശോന്മുഖമാകാൻ തുടങ്ങുമ്പോഴാണ് ന്യൂനാധിപത്യ യോഗങ്ങൾ ഉണ്ടാകുന്നത് ഋതുവിൻ്റെയും അതായത് കാലത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും അർത്ഥം വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസന്താദികൾ സ്പർശത്തിൻ്റെ അതിയോഗം ശബ്ദത്തിൻ്റെ അതിയോഗം രൂപത്തിന്റെ അതിയോഗം രസത്തിൻ്റെയും ഗന്ധത്തിന്റെയും അതിയോഗം അതിയോഗങ്ങളുടെയും ന്യൂനയോഗങ്ങളുടെയും നിത്യായോഗങ്ങളുടെയും കാലഘട്ടങ്ങൾ ചരിത്രത്തിലെ രോഗങ്ങളുടെ കാലഘട്ടമാണ് അവയാണ് എല്ലാ രോഗങ്ങളെയും നിർണയിക്കുന്നത് അതുകൊണ്ട് അർബുദത്തെയും നിർണയിക്കുന്ന അവ തന്നെയാണ് അതെങ്ങനെയാണ് വിശദമായി നമുക്ക് പുറകെ പുറകെ പഠിക്കാം ഒന്ന് സമഗ്രമായി ഓർത്തിരിക്കാൻ ചില കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ചില ഇനിഷ്യൽ നമ്മുടെ വിഷയവിവരം ആദ്യം തരുന്നു മാത്രെ തിരിച്ചാൽ അസാത്മേന്ദ്രിയ സംയോഗമാണ് രോഗകാരൻ രണ്ട് പരിണാമമാണ് രോഗത്തെ വളർത്തുന്നത് അഞ്ചുതരം പരിണാമങ്ങളെപ്പറ്റി നമ്മൾ ഹൃദ്രോഗം പഠിച്ച പഠിച്ചതാണ് സഞ്ചയം കോപം പ്രസരണം സ്ഥാന സംശയം മുതലായവയൊക്കെ പഠിച്ചതാണ് അപ്പൊ സമ്പ്രാപ്തിയുടെ ഘട്ടങ്ങൾ മറ്റൊന്ന് പ്രജ്ഞാപരാധമാണ് രോഗം അതാണ് ഒരു പ്രകൃഷ്ടമായ കാരണമായി എഴുതുന്നത് രോഗത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ടതാണ് ഇന്ദ്രിയം മനസ്സ് ആത്മാ ഇവ ഒരു കൂട്ടുകെട്ടുണ്ട് അതിൽ ഇതുവരെ ജനിതകത്തിൽ രേഖപ്പെടുത്തിയ ഒരറിവുണ്ട് അനേക ജന്മ സംസിദ്ധമാണ് അല്ല അത് ഇന്നലെ ഉണ്ടായി നാളെ അറിയുന്നതല്ല ഇത് ജന്മജന്മാന്തര പ്രകൃതിയിൽ നിന്ന് ഇന്ന രോഗം കൊണ്ടാണ് ഞാൻ ഈ തലത്തിൽ ജീവിക്കാൻ പോകുന്നതെന്ന് ഇഷ്ടപ്പെട്ട് ഞാൻ സ്വീകരിച്ചു വെച്ചിട്ടുണ്ട് പരിചരിക്കുമ്പോൾ രോഗത്തെ പഠിക്കുമ്പോൾ ചില തെറ്റുകളും കുറവുകളും ചെയ്യുമ്പോൾ അവയിൽ നിന്നെല്ലാം എനിക്കിന്നത് വന്നേ പറ്റൂ എന്ന് ഞാൻ തീരുമാനിച്ച ഓർമ്മയുടെ ഉദരങ്ങളിൽ നിന്ന് അവ എന്നെ രോഗത്തിലേക്ക് നയിക്കുമ്പോൾ പ്രജ്ഞാപരാധമാണ് രോഗം ആയുർവേദം വളരെ പ്രധാനമായി എടുക്കുന്ന ഇതാണ് ഇത് വിപ്രകൃഷ്ട കാരണമാണ് സന്നിഹൃഷ്ടജ്ഞാനമെടുത്തു വിപ്രകൃഷ്ട കാരണമെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർബുദത്തെ തനിച്ച് വേർപെടുത്തി മഹാരോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുമില്ല ഇനി നമുക്ക് ഇതിനെ വച്ചുള്ള പ്രാചീനരുടെ തലങ്ങളില് ഒന്ന് ഓടിച്ചു നോക്കി നല്ല അടുക്കോടെ പഠിക്കാം അഷ്ടാംഗ ഹൃദയത്തിലും മറ്റും ഉദരത്തോടൊപ്പമാണ് സമയം പെടുത്തിയ ഇനി ശുശ്രുതനാണെങ്കിൽ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ട് ോർ മാംസ പ്രദുഷ്യ വൃത്തം സ്ഥിരം മഹാന് അനൽ അനൽപ്പമൂലം ചിരവൃദ്ധി അവാഗം കുറിച്ചി മാംസോപജയം തദ്ദം ശാസ്ത്രവിദോ വരുന്ന ശക്രതമായൊരു നിരോധനം തന്നിട്ടുള്ളത് ശുശ്രുതനാണ് പേരുകേട്ട സർജനുമാണ് അർബുദം സർജന്റെ വിഷയമാണ് ഇന്നും അന്നും ലോകം കണ്ട ആദ്യത്തെ സർജനെന്ന് പേര് കേട്ടിട്ടുള്ള ശുശ്രുതന്റെ അഭിപ്രായമാണ് ആധുനിക വൈദ്യശാസ്ത്രം പഠിക്കാൻ ഒഴുകുമ്പോൾ മൂന്ന് ഫേസുകളോടു കൂടിയ മൂന്ന് മുഖങ്ങളോട് കൂടിയ ഇൻവിട്രോ ഫസ് മൂന്ന് സ്റ്റേജുകളോട് കൂടിയ വൺ ടു സ്റ്റേജ് മറ്റത് മൂന്ന് പദങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ് ഇതിൻ്റെ സൈറ്റോമോർഫോസിസ് പോകുന്നത് ഇതിനെ വെച്ച് ആധുനികരുടെ പഠനത്തോട് എത്ര സുസുതൻ യോജിച്ചു നിൽക്കുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ ഓരോ കോശത്തിന്റെയും ഡബിളിങ് കപ്പാസിറ്റി ഫൈന ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പുറകെ പഠിക്കാം നമ്മൾ പഠിക്കാനുള്ള വിഷയത്തിൽ ഇതൊക്കെ ഉണ്ടാവും ഇതിനെ വെച്ച് ശുശ്രുതന്റെ പഠനങ്ങൾ വൃത്തം സ്ഥിരം മന്ദരുജം മഹാന്തം അനല്പമൂലം ചിരവൃത്തി അഭാഗം പറയുമ്പോൾ കുറവന്തി അർഭുദാനത്തില് ശുശ്രൂതൻ അന്ന് പറഞ്ഞതിൽ നിന്ന് ഞാൻ അത്രത്തോളം വന്നിട്ടുണ്ട് സ്വെല്ലിംഗ് ലംബോർ മാസ് ഇൻഫിൽ അൾസർ മെറ്റാസ്റ്റാസ് ഇതിന്റെ വികാസ പരിണാമങ്ങൾ ആധുനികന്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ എത്തിയോമയും കാർസിനോമയും മെറ്റാസ്റ്റാസിസും ഒക്കെ അതിന്റെ കൃത്യതയിൽ പഠിച്ചു നോക്കി ശുശ്രുതൻ അമ്മ നിന്നിടത്ത് നിന്ന് എത്രത്തോളം പോയിട്ടുണ്ട് ഓങ്കോളജിയുടെ പി ജി ലെവൽ വരെ പരിശോധിച്ചു നോക്കി പഠിച്ചാൽ രസകരമാണ് അത്രയും വിപുലമായി പോണോ അത്രയും വിപുലമായി പോണോ ഹൃദ്രോഗം പോയതുപോലെ അതെല്ലാം ഒതുങ്ങി നിന്നൊന്ന് എത്തി നോക്കി നിർത്തിയാൽ മതിയോ വിച്ച് യു പ്രിഫർ ആഴത്തിൽ തന്നെ പോകാം എനിക്ക് വിരോധമൊന്നുമില്ല ആഴം എത്ര കണ്ട് ഫോളോ ചെയ്യും എന്ന ശങ്ക മാത്രമേ എനിക്കുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞേ ഏറ്റവും ശാസ്ത്രമാണെങ്കിൽ അത് ഏറ്റവും ലളിതമായും പറഞ്ഞു തരാവുന്നതാണ് ശാസ്ത്രത്തിൻ്റെ ഏത് ഖനതയും ലളിതസുന്ദരമാണ് ഇതാണ് പഠനത്തെ കുറിച്ചുള്ള എൻ്റെ സമീപനം വിഷയം കാഠിന്യമുള്ളതല്ല കാരണം വൈദ്യശാസ്ത്ര വിഷയങ്ങളെല്ലാം അതീവ ലളിതമാണ് സാധാരണ മനുഷ്യന് സാധാരണയാ മനസ്സിലാവില്ലാത്തതൊന്നും ശാസ്ത്രമല്ല വെയർ ദർ ഇസ് ജാർഗൺ ഇറ്റ് ഇസ് ആൻറ്റി സയൻസ് ഇറ്റ് ഇസ് നോട്ട് സയൻസ് ജാർഗൺ കച്ചവടത്തിനുള്ള സാധനമാണ് അതില്ലെങ്കിൽ വിൽക്കാനാവില്ല ക്ലീഷയില്ലാതെ പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റില്ല ജാർഗണും ക്ലീഷയും ശാസ്ത്രത്തെ ശാസ്ത്രം അല്ലാതാക്കുന്നതാണ് ഇതാണ് എന്നെ പഠിപ്പിച്ച ആചാര്യന്മാരുടെ പാരമ്പര്യവും അത് ഉൾക്കൊള്ളുന്നേരവും അതുകൊണ്ട് അതീവ ലളിതമായി പഠിക്കാവുന്നതാണ് ശാസ്ത്രം അതിന് ബേസിക് ഒന്നും വേണമെന്നില്ല നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ബേസിക്ക് ഇല്ലല്ലോ അവിടെവിടെ മാത്രം കാരണം ബേസിക് മുതൽ പഠിച്ചു വന്നാലും മറക്കലാണ് ഒന്നാം ക്ലാസ്സിലെ മറന്നിട്ടേ രണ്ടാം ക്ലാസ്സിലെ പഠിത്തുള്ളൂ അതുകൊണ്ട് ഒന്നിൽ പഠിക്കാത്തവനെ രണ്ടിക്കൊണ്ട് എടുത്തിയാലും ഒന്നിൽ പഠിച്ചവനെ ഇരുത്തിയാലും പഠിപ്പൊക്കെ ഒരുപോലെയാണ് പക്ഷെ അതിന്റെ ബേസ് പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലായില്ല ഇതാണ് എന്റെ സമീപനം യു ആർ എൻജോയിങ് ഇറ്റ് യോർ നോട്ട് ഇറ്റ് അതുകൊണ്ട് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം ക്ലാസ് നാരായണം നമസ്കൃത്യ നരം ശൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തദോജയ മുതിരേൻ